ദ്ധ്യായം പതിമൂന്ന് യഫ്രൈം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി അവൻ ഇസ്രയേലിൽ മികച്ചവനായിരുന്നു എന്നാൽ ബാൽമുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി ഇപ്പോഴോ അവർ പാപം ചെയ്യുന്നു അവർ വെള്ളികൊണ്ട് ബിംബങ്ങളെയും ബോധിച്ചതുപോലെ വിഗ്രഹങ്ങളെയും ഇവയൊക്കെയും കൌശലപ്പണിക്കാരുടെ പണിയത്രേ അവയോടവർ സംസാരിക്കുന്നു ബലി കഴിക്കുന്ന മനുഷ്യർ കാളക്കിടാക്കളെ ചുംബിക്കുന്നു അതുകൊണ്ട് അവർ പ്രഭാതമേഘം പോലെയും കാലത്തെ ഒഴിഞ്ഞുപോകുന്ന മഞ്ഞുപോലെയും കളത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും പുകക്കുഴലിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും ഇരിക്കും ഞാനോ മിസ്രൈൻ ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു എന്നെയല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല ഞാനല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ലല്ലോ ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്തു തന്നെ നിന്നെ മേയിച്ചു അവർക്ക് മേച്ചലുള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു അതുകൊണ്ട് അവർ എന്നെ മറന്നുകളഞ്ഞു ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെ ഇരിക്കും വഴിയരികെ വള്ളിപ്പുലിയെപ്പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും കുട്ടികൾ പോയിപ്പോയ കരടിയെപ്പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും അവിടെ വെച്ച് ഞാൻ അവരെ ഒരു സിംഹം പോലെ തിന്നുകളയും കാട്ടുമൃഗം അവരെ കടിച്ചുകീറും ഇസ്രയേലെ നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറുക്കുന്നത് നിന്റെ നാശമാകുന്നു നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാകുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ എനിക്ക് ഒരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരേണമെന്ന് നീ അപേക്ഷിച്ചിരിക്കുന്ന നിന്റെ ന്യായാധിപന്മാർ എവിടെ എന്റെ കോപത്തിൽ ഞാൻ നിനക്ക് ഒരു രാജാവിനെ തന്നു എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു എഫ്രൈമിന്റെ അകൃത്യം സംഗ്രഹിച്ചു അവന്റെ പാപം സൂക്ഷിച്ചും വെച്ചിരിക്കുന്നു നോവുകിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും മരണമേ നിന്റെ ബാധകൾ എവിടെ പാതാളമേ നിന്റെ സംഹാരം എവിടെ എനിക്ക് സഹദാപം തോന്നുകയില്ല അവൻ തന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും അവന്റെ ഉറവു വറ്റി കിണർ ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം യഹോവിയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും അവൻ സകല മനോഹര വസ്തുക്കളുടെയും നിക്ഷേപത്തെ കവർന്നുകൊണ്ടുപോകും ശമരിയ തന്റെ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവൾ തന്റെ അകൃത്യം വഹിക്കേണ്ടിവരും അവർ വാൾകൊണ്ട് വീഴും അവരുടെ ശിശുക്കളെ അവർ തകർത്തു കളയും അവരുടെ ഗർഭിണികളുടെ ഉദരം പിളർന്നുകളയും